എല്ലാവർക്കും എൻ്റെ പ്രണ ധ്യാനം ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഘടകം നിരന്തര സ്മരണ വിട്ടുപോകാതെ ഓർമ്മിക്കുക ഭഗവാനെ നമുക്ക് വിട്ടുപോകാതെ ഓർമ്മിക്കാൻ കഴിയണം അത് വിട്ടുപോകാതെ ഭഗവത് സ്മരണ നിലനിന്നാൽ അദ്ദേഹമാണ് യോഗി യുക്തൻ അത് സാധിച്ചാൽ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാവും ഈ ധ്യാനത്തെക്കുറിച്ച് യോഗഗ്രന്ഥങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് പതഞ്ജലിയുടെ യോഗം അഷ്ടാംഗ യോഗം ആദ്യത്തെ പാദം ധ്യാനത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയാണ് എട്ടംഗങ്ങൾ ഉള്ള യോഗം യമ നിയമാസന പ്രാണായാമപ്രത്യാഹാര ധാരണാധ്യാന സമാധി ഭഗവാൻ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ആറാം അധ്യായത്തിൽ പക്ഷേ ഇത്തരം സാങ്കേതിക പദങ്ങളൊന്നും അദ്ദേഹം അധികമായി ഉപയോഗിച്ചിട്ടില്ല ഈ ആറാം അധ്യായത്തിൽ ആസനത്തെ കുറിച്ചാണ് അല്പം വിശദമായി ചർച്ച ചെയ്യുന്നത് മറ്റ് അഷ്ടാംഗയോഗത്തിലെ മറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ സാങ്കേതികമായി ഭഗവാൻ ചർച്ച ചെയ്യുന്നില്ല ഗീതയുടെ പ്രത്യേകത തന്നെ അതാണ് വേദാന്തത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ അധികം ഉപയോഗിക്കാതെ കാര്യം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് ഈശ്വരനെ നിരന്തരം ധ്യാനിക്കണം അത് എപ്പോഴെങ്കിലും ഒരിടത്തിരുന്ന് അരമണിക്കൂർ ധ്യാനിക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ ധ്യാനിക്കുക അത് വിരോധമില്ല അത് നിരന്തര്യാനത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യാസമാണ് നിരന്തരധ്യാനം സാധിച്ചാൽ അതിന് പിന്നെ പ്രത്യേകിച്ച് ഉള്ളതിരുന്നില്ലെങ്കിലും വേണ്ടില്ല പ്രത്യേകിച്ച് ആസനമോ ഒന്നും ആവശ്യമില്ല പക്ഷെ നിരന്തരധ്യാനം സാധിക്കുന്നില്ല നിരന്തരധ്യാനം എന്നുവെച്ചാലോ കാലത്തെ എണീറ്റു അപ്പം മുതൽ ഭഗവത് സ്മരണ ജോലിയെന്തും ആവട്ടെ അടുക്കളയിലാവട്ടെ അല്ലെങ്കിൽ യുദ്ധക്കളത്തിലാവട്ടെ ഗീത യുദ്ധക്കളത്തിലാകോ അർജുനോടെ എന്താ പറയുന്നത് സർവേഷു കാലേഷു മാം ഇതാണ് ധ്യാനം എപ്പോഴും എന്നെ കൂടെ ഓർമ്മിച്ചു അതെങ്ങനെയാ ഭഗവാനെ ഞാൻ യുദ്ധത്തിലല്ലേ അതെ എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം അതിന് കഴിയണം അല്ലെങ്കിൽ നിൻ്റെ യുദ്ധം നിനക്ക് വലിയൊരു ബാധ്യതയായിത്തീരും അപ്പം യുദ്ധം പോലും സർവേഷു കാലേഷു മാ അനുസ്മര യുദ്ധിച്ച എല്ലാ സമയത്തും എന്നെ ഓർമ്മിക്കുക യുദ്ധവും ചെയ്യുക ഇതാണ് നമുക്കും ആവശ്യം നമ്മളിപ്പോൾ യുദ്ധമല്ല അടുക്കളയിൽ പാചകം ചെയ്യുകയായിരിക്കും അപ്പോഴും ഇതാണ് സർവേഷുകാലേഷു മാം അനുസ്മര പാചകവും ചെയ്യുക അല്ലെങ്കിൽ കൃഷി ചെയ്യുകയായിരിക്കും സർവേഷു കാലേഷുമാം അനുസ്മര കൃഷിയും ചെയ്യുക കച്ചവടമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിരിക്കും എന്തായാലും ശരി ഇത് സാധിക്കണം അന്നാണ് ഈശ്വരഭജനം സഫലമാകുന്നത് സർവേഷു കാലേഷുമാം അനുസ്മര ഇതിനിപ്പോൾ എന്താ തടസ്സം ഇതിനൊരു തടസ്സമേ ഉള്ളൂ കർമ്മഫല ചിന്തയാണ് ഇതിന് തടസ്സം നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്നു ഫലത്തെക്കുറിച്ച് ഈ കർമ്മം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് ഭഗവാനേ ഉള്ളൂ ഫലം യുദ്ധം ചെയ്യുന്ന ഒരാൾ തൻ്റെ വിജയം വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട് എല്ലാവരും ധ്യാനിച്ചുകൊണ്ട് തന്നെ എല്ലാം ഉള്ളൂ ഭഗവാൻ പറയുന്നത് കർമ്മഫലത്തെക്കുറിച്ച് ധ്യാനിക്കുന്നിടത്ത് എന്നെ ധ്യാനിക്കണം ഈ കർമ്മഫലത്തെക്കുറിച്ച് ധ്യാനിച്ചത് കൊണ്ട് എന്താ വിശേഷം ഒരു വിശേഷവും ഇല്ല കർമ്മഫലം തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യാൻ ഇറങ്ങുന്നത് കൃഷി ചെയ്യുന്നു ഇത്രമേനി വിളവ് കിട്ടണം തീരുമാനിച്ചു കൃഷി ചെയ്യാൻ ആരംഭിച്ചു പക്ഷേ ആ വിളവിനെക്കുറിച്ചാണ് ധാരണ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു വീട്ടുവന്ന് കിടന്നു അപ്പോഴും വിളവിനെക്കുറിച്ചാണ് ധാരണ ഓർമ്മിച്ചതുകൊണ്ട് വിളവ് കൂടുമോ കൃഷി ചെയ്യാനുള്ളതെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം ഭഗവാൻ ആവശ്യപ്പെടുന്നത് എന്നല്ല അധ്യാത്മശാസ്ത്രം ആവശ്യപ്പെടുന്നത് അന്തിമമായി നിങ്ങൾക്ക് ഫലം തരുന്നത് നിങ്ങളുടെ മെടുക്കോ ഒന്നുമല്ല എത്ര മെടുക്കനായി ജോലി ചെയ്യ ഫലിട്ടിയെന്ന് വരാം ഇല്ലെന്ന് വരാം ഫലം കയ്യിൽ കിട്ടും എന്ന അവസ്ഥയിൽ പോലും നഷ്ടപ്പെടാം ഞങ്ങളുടെ അടുത്തവിടെ നല്ലവണ്ണം കൃഷി ചെയ്തു വിളവെടുക്കാനായി വിളവെടുക്കാൻ പാടത്തിൻ്റെ വരമ്പത്തെത്തി പക്ഷെ കൊച്ചിന് കുറിച്ചല്പം തർക്കം വന്നു അന്ന് വിളവെടുക്കാതെ മടങ്ങി അന്ന് രാത്രി ഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവും എല്ലാം തീർന്നു വയ്ക്കോലുപോലും വീട്ടില്ല അവിടെയാണ് ആ ഫലത്തെക്കുറിച്ച് അതിരറ്റ താല്പര്യം അല്ലെങ്കിൽ കൊച്ചിന് അല്പം കൂടിയോ കുറഞ്ഞോ സാരമില്ല ഇനി എന്ന് വിചാരിച്ചെന്ന് വിളവെടുക്കാമായിരുന്നു ചെയ്തില്ല ഒന്നും കിട്ടിയില്ല ഇവിടെ ആരാ ഇവിടെ ഇവിടെയാണ് ഭഗവാൻ എന്താ ഭഗവാനെ മറക്കാതിരുന്നെങ്കിൽ കൊറ്റിൻ്റെ തർക്കം കൊണ്ട് വിളവെടുപ്പ് മാറ്റിവെക്കേണ്ടി വരുമായിരുന്നില്ല അല്ല സാറ് അതൊക്കെ അനാവശ്യമായിട്ട് കൂലിയും മറ്റും വളരെ കൂടുതൽ വേണമെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാനൊക്കെ മാസം സാർ വേണ്ട വളരെ കൂടുതലൊന്നും കൊടുക്കണ്ട ഭഗവത് ചിന്തയുണ്ടെങ്കിൽ നമുക്കതൊക്കെ വിലയിരുത്താൻ കഴിയും അതിനകത്തുനിന്ന് തന്നെ നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം ഭഗവാന്റെ അനു അനുവാദത്തോടു കൂടിയാണ് ഭഗവാനനുവദിക്കണം മാറ്റിവയ്ക്കുന്നതെങ്കിൽ അന്ന് മഴ പെയ്യല്ല നമുക്ക് വളരെ സുഗമമായി വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഈ ഘട്ടങ്ങളിലെല്ലാം ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോഴും ഞാൻ ജോലി ചെയ്തു ഞാൻ ഫലമനുഭവിക്കുന്നു വേണ്ട നിങ്ങളല്ല ജോലി ചെയ്തത് നിങ്ങള് നാം ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രം ഈ കൈത്തന്നെ പറയുന്നത് അർജുന നീ എന്റെ കയ്യിൽ വെറും ഒരു ഉപകരണം ഭീഷ്മരയും ദ്രോണരെയുമൊക്കെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുകയാണ് ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ കൊന്നുകൊന്നുകഴിഞ്ഞിരിക്കുന്ന ഭീഷ്മരെയും ദ്രോണരെയും തുംജി നീയോ ഒന്ന് കൊന്നേക്കും നിമിത്തമാത്രം ഭവ സവ്യസാചിൻ നീ എന്റെ കൈ വെറും ഒരു നിമിത്തം വാസ്തവം ഇതല്ലേ ആ ചിന്തയാണ് സകലത്തും നമ്മൾക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നമുക്ക് നേടിത്തരുന്നതും ഭഗവാൻ ഏത് ഭഗവാനെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഭഗവാനാണോ അംഗീകരിക്കുന്നത് ആ ഭഗവാൻ കൃഷ്ണനായാലും രാമനായാലും ശരി അപ്പോൾ ഈ ധ്യാനത്തിലെ ഏറ്റവും പ്രധാന ഘടകം കർമ്മഫലം തെക്കുറിച്ചുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് കർമ്മഫലത്തെക്കുറിച്ച് ചിന്ത വരുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കുക ഒക്കെ ഭഗവാൻ തരും കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന ഇതാണല്ലോ ഗീതയുടെ മുദ്രാവാക്യം നക്ക് കർമ്മം ചെയ്യാനേ അവകാശമുള്ളൂ ഫലത്തിൽ അവകാശമില്ല എന്താ കാര്യം അത് ഭഗവാൻ തന്നാൽ എത്ര ഗംഭീരമായിട്ട് കർമ്മം ചെയ്താലും ഭഗവാൻ അനുവദിച്ചാലേ ഫലം അനുഭവിക്കാൻ പറ്റൂ ആറാം അധ്യായത്തിൽ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സസന്യാസീച്ച യോഗീച്ച ന നിരഗ്നർ നചക്രിയ ആദ്യത്തെ ശ്ലോകമാണ് പറയുന്നവിടെ അനാശ്രിതകർമ്മഫലം അർജുന കർമ്മഫലത്തെ പൂർണ്ണമായും ആശ്രയിക്കാത്ത ഫലം കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും സംശയം എന്താ അത് ഭഗവാൻ അപ്പോൾ ആരാണോ ഫലം തരാനുള്ള ആ ആളിനെ വിചാരിക്കുക എന്തിനേ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു കർമ്മരംഗത്ത് നിരന്തരം ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് യോഗിയാവണോ സന്യാസിയാവണോ എളുപ്പം ഭഗവത് പൂജയായി കർമ്മം ചെയ്യുക ഫലം കിട്ടിയാൽ ഭഗവാൻ്റെ അനുഗ്രഹം സന്തോഷം അപ്പോഴും അഹങ്കരിക്കരുത് ഞാൻ നേടി എന്നഹങ്കരിക്കരുത് ഈ ലോകത്തിൽ നിന്ന് അതാണ് സാധ്യമാകാതെ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ ചെയ്യുന്നു എനിക്ക് അവകാശപ്പെട്ടതാണിത് എന്തവകാശമുണ്ട് എന്താണ് അവകാശം ഒരു ചെറിയ കാറ്റ് വീശിയാൽ എല്ലാം തീർന്നു അവകാശവും തീർന്നു ഒരു സുനാമി വന്നാൽ അതുവരെ ചെയ്ത് എല്ലാം തീർന്നു അപ്പോൾ വേണ്ടോ അത് നോക്കുക അനാശ്രിത കർമ്മഫലം കർമ്മഫലം അനാശ്രിത കർമ്മഫലത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട് എപ്പോഴും കർമ്മഫലം കൃഷി ഇത്ര വളവും കിട്ടണം കിട്ടണം കിട്ടണം ആ ചിന്ത വിട് പിന്നെന്താ വേണ്ടത് ഭഗവാൻ ഭഗവാൻ തരും ഫലമൊക്കെ ഭഗവാൻ തരും ഞാൻ എൻ്റെ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ ആരാണോ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നത് കർമ്മഫലത്തെ ആശ്രയിക്കാതെ അവനവൻ ചെയ്യേണ്ട കർ ഫലം കർമ്മം ആരാണോ അനുഷ്ഠിക്കുന്നത് സസന്യാസി അർജുനൻ അത് ചെയ്യുമെങ്കിൽ അർജുനൻ സന്യാസി ദയവാണ് സന്യാസി സസന്യാസീച്ച യോഗീച്ച അയാളാണ് സന്യാസിയും യോഗിയും ന നിരഗ്ര ചക്രിയ ഗൃഹസ്ഥൻ താൻ വീട്ടിൽ സദാ സൂക്ഷിക്കേണ്ട ചില അഗ്നികളൊക്കെ ഉണ്ട് ദീപങ്ങളൊക്കെ അതൊക്കെ വിട്ടു അതുകൊണ്ട് സന്യാസിയാവൂല്ല ചിലർ അങ്ങനെയാണോ അതൊക്കെ വിട്ടാൽ സന്യാസിയാവും കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് സന്യാസം എന്നും ചിലർ കരുതുന്നുണ്ട് പലരും കരുതുന്നുണ്ട് അത് യഥാർത്ഥ സന്യാസം അത് രമണ മഹർഷിയെപ്പോലെയൊക്കെ ഇരിക്കണം മഹർഷി അങ്ങനെ ഇരുന്നു തീർച്ചയായിട്ടും അതിനുള്ള കഴിവ് മഹർഷിക്കുണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് സന്യാസം അല്ലല്ലോ വേറെ അല്ലാതെ ഇത്രയുണ്ട് ജനകൻ ജനകൻ്റെ കഥയില്ലേ സാമ്രാജ്യം ഭരിച്ചയാൾ അദ്ദേഹം വലിയ യോഗിമാരെപ്പോലും ഉപദേശിക്കുന്നയാൾ അപ്പം അതൊന്നുമല്ല പ്രശ്നം നമ്മളെ പുറത്തേ ഉള്ള പുറമേ ഉള്ള ഈ ചടങ്ങുകളും ആചാരങ്ങളും അത് നടന്നോട്ടെ അതൊന്നും വേണ്ടെന്നല്ല അതൊക്കെ ഇരുന്നോട്ടെ പക്ഷേ ിൽ ഇതൊക്കെ സാധ്യമാകുമോ അനാശ്രിത കർമ്മഫലം കർമ്മഫലം അനാശ്രിത കാര്യം കർമ്മ കരോത്തി ചെയ്യേണ്ട കർമ്മം ഭംഗിയായിട്ട് ചെയ്യുന്നു സസന്യാസി ച യോഗീ ച അദ്ദേഹമാണ് സന്യാസി അദ്ദേഹമാണ് യോഗി ന നിരഗ്നർ എന്ന ചക്രിയ അഗ്നികളെ ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ കർമ്മമുപേക്ഷിച്ചു വെച്ചാലോ യോഗിയോ സന്യാസിയോ ആവില്ല ഇതൊക്കെ മാനസികമാണ് മനസ്സിനെ ശുദ്ധമാക്കണം അർജുന എം സന്യാസമിധി പ്രാഹു യോഗം തം വിധി പാണ്ഡവ അർജുന സന്യാസമെന്ന് പറയുന്നതും യോഗമെന്ന് പറയുന്നതും ഒന്നാണ് യോഗം മനസ്സിന്റെ സമനല്ല മനസ്സിന്റെ സമെന്നല്ല നേടിയോ അങ്ങനെയുള്ളയാൾ എവിടെ എഴുതാല് എന്ത് ചെയ്താലും സന്യാസി എം സന്യാസവിധിപ്രാഹു എന്തിനാണോ സന്യാസമെന്ന് പറയുന്നത് തം യോഗം മിഥി അതിനെ തന്നെ യോഗമാണെന്നു അറിയൂ അർജുന സന്യാസവും യോഗവും ഒന്ന് നഹി അസന്യസ്തസങ്കൽപ്പോ യോഗതി കസ്തന പുറമേ ഒരു യോഗിയുടെ വേഷഭൂഷാദികളൊക്കെ അത് അനുഷ്ഠിച്ചു പക്ഷേ ഭൗതികസങ്കൽപ്പങ്ങൾ വെടിയുന്നില്ല ഒരിക്കലും അദ്ദേഹത്തെ യോഗി എന്ന് പറയാൻ പറ്റില്ല നഹി അസന്യസ്തസങ്കൽപ്പോ സങ്കല്പങ്ങളെ സന്യസിക്കാത്തവൻ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണമേ എങ്ങനെയാ സാർ ഈ സന്യസിക്കുക ഒരു പ്രയാസവും ഇല്ലേ ശാസ്ത്രീയമായി സത്യം ഗ്രഹിക്കണം ആദ്യം ഇതിനെല്ലാറ്റിനും ആവശ്യം ശാസ്ത്രീയമായ സത്യഗ്രഹണം എന്താ ശാസ്ത്രീയമായ സത്യഗ്രഹണം ഇവിടെ ബോധം ബ്രഹ്മം മാത്രമേ നിലവിലുള്ളൂ അണ്ണുപോലും രണ്ടാമത് ഒരു വസ്തുവുമില്ല ഈ കാണുന്നതൊക്കെ അതിലെ നാമരൂപങ്ങൾ സൂര്യചന്ദ്രന്മാർ മുതൽ ഒരു ഒരുപാട് മൺപാത്രങ്ങൾ എന്താണ് ഇവയൊക്കെ മണ്ണ് മണ്ണിലെ നാമരൂപങ്ങൾ പാത്രങ്ങൾ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു പക്ഷെ മണ്ണാണ് വസ്തു വസ്തു നാമരൂപങ്ങൾ നാമരൂപങ്ങൾ ഇല്ല ഉണ്ടെന്ന് തോന്നുന്നു പുതിയ വസ്തു ഒന്നുമില്ല മണ്ണ് കൊണ്ടൊരു കുടമുണ്ടാക്കിയാൽ പുതിയ വസ്തുല്ല മണ്ണില് ഒരു രൂപം ഒരു പേര് വസ്തു മണ്ണ് ഇതുപോലെ ശാസ്ത്രതത്വം നമ്മളെത്ര പറഞ്ഞാലും എന്താ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടെ എന്താ ബോധം മണ്ണുണ്ടോ പാത്രങ്ങളുണ്ട് ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ഇത് ഭാഗവതമൊക്കെ ഭാഗവതം മംഗളശ്ലോകം മുതൽ പറയുന്ന കാര്യമാണ് അന്വയാതിതരത മംഗളം മുതൽ ഏതുണ്ടെങ്കിലും ജഗത്തുണ്ട് ആലോചിക്കൂ മൺപാത്രങ്ങളും മണ്ണും ഏതുണ്ടെങ്കിൽ മൺപാത്രങ്ങളുണ്ട് മണ്ണാണ് ഏതില്ലെങ്കിൽ മൺപാത്രങ്ങളില്ല മണ്ണാണ് അതുകൊണ്ട് മണ്ണു മറ്റേത് മാറി മാറി വരുന്ന നാമരൂപങ്ങൾ എത്ര ലളിതമാണിത് ബോധം ജഗത്തിലെ വസ്തു ബോധമില്ലയോ ജഗത്തില്ല ബോധമില്ലാത്തിടത്ത് ജഗത്തുണ്ടെന്ന് കാണിക്കാൻ ആർക്ക് കഴിയും ഏത് ശാസ്ത്രജ്ഞന് കഴിയും ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല ബോധമുണ്ടോ ജഗത്തുണ്ടോ ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് ബോധം അഥവാ ബ്രഹ്മം ബോധം അഥവാ ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വര തത്വം ശാസ്ത്രീയമായി മറ്റൊക്കെ ആ ഈശ്വരൻ്റെ നാമരൂപങ്ങൾ വിഷ്ണുവും ശിവനും കൃഷ്ണനും രാമനും ഒക്കെ നാമരൂപങ്ങൾ വരുന്നു പോകുന്നു അവതരിക്കുന്നു ഇല്ലാതാകുന്നു അവയുമൊക്കെ ഈശ്വരനായി ഭജിച്ചോളുക ദോഷമൊന്നുമില്ല പക്ഷേ യഥാർത്ഥ ഈശ്വരൻ ശാസ്ത്രീയമായ ഈശ്വരൻ ബോധം ബ്രഹ്മം ഇത് ചിന്തിച്ച് മനസ്സിനെ പഠിപ്പിക്കുക ഉറപ്പിക്കുക ഉറപ്പിച്ചാൽ ർമ്മരംഗത്തും ഈ ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്യാം എന്താ ഇത് ബ്രഹ്മമാണ് ഈ മേശ ബ്രഹ്മമാണ് ഈ മയക്ക് ബ്രഹ്മമാണ് ഞാനും നിങ്ങളും ഒക്കെ ബ്രഹ്മമാണ് ഇത് ഉള്ളിൽ ഓർമ്മിച്ചുകൊള്ളുക ബ്രഹ്മമാണെന്ന് ഓർമ്മിച്ചാൽ മതി അതിൻ്റെ ഗുണം ആരോടും ഭേദചിന്തയില്ല രാഗദ്വേഷങ്ങൾ ഇല്ല ഇത് നിരന്തരമാവണം നിരന്തരം അതിന് കർമ്മഫലമാണ് തടസ്സം അപ്പം അതിനെന്താ സാർ ചെയ്യാൻ കർമ്മഫലങ്ങൾ മനസ്സിൽ കയറി വരുമ്പോൾ ഇത് ബ്രഹ്മമാണ് എന്ന് ഓർമ്മിക്കണം അത്ര വേണ്ടു അല്ലാതെ അതിനേക്കാൾ മനസ്സിൽ നിന്ന് ഒഴിച്ചു മാറ്റുക എളുപ്പമല്ല ഒന്നും എളുപ്പമല്ല ഒഴിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ പോവില്ല ഇത് ബ്രഹ്മം ശത്രുക്കളെപ്പോലും ബ്രഹ്മമായി കരുത്തി ഒഴിച്ചു മാറ്റുക അഥവാ സന്യസിക്കുക സന്യസിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണം അതിൻ്റെ യാഥാർത്ഥ്യം സ്ഥിരപ്പെടുത്തുക എന്നാണ് അർത്ഥം നാരദന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഞാൻ എന്താ എളുപ്പവിദ്യ ധർമ്മപുത്രരോട് പറയുകയാണ് നാരദൻ ഭക്തിയുടെ പരമാചാര്യൻ നാരദൻ അദ്ദേഹം പറയുന്നത് യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയസ്വാമിയാ തഥാ എന്ന ഭക്തിയോഗേന ഇതിമേ നിശ്ചിത മതിഹൈ നാരദം പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല വൈരം ഒരാളിനോട് വൈരം വിദ്വേഷം വിദ്വേഷം കൊണ്ട് മനസ്സ് എത്രമാത്രം ഏകാഗ്രപ്പെടുമോ അത്രയും ഭക്തി കൊണ്ട് ഏകാഗ്രപ്പെടുകയില്ല ഇതെന്റെ തീരുമാനമാണ് എന്തു പറയുന്നു വിദ്വേഷം കൊണ്ട് ഒരാളിനോട് നമുക്ക് വിദ്വേഷം തോന്നിയാൽ വരുന്നിടത്തും പോകുന്നിടത്തും ഉറക്കുന്നിടത്തും സ്വപ്നം പോലും അയാളെ സ്വപ്നം കാണും നമ്മൾ വിചാരിച്ചാൽ പോലും അയാളെ മറക്കാനൊക്കില്ല നേരെ പറയ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ പറ്റിയാൽ വന്നു നാരദം പറയുന്നത് അപ്പം ഭക്തിയേക്കാൾ മനസ്സിന് ഏകാഗ്രത വൈരം യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയസ്വാമിയ വൈരാനുബന്ധം കൊണ്ട് മനുഷ്യൻ എങ്ങനെയാണോ തന്മയെ ഭവിക്കുന്നത് തഥാ ന ഭക്തിയോഗേന അതുപോലെ ഭക്തിയോഗ കൊണ്ട് പൽത്തീരില്ല ധർമ്മപുത്രരെ ഞാൻ കുറേയൊക്കെ ശ്രമിച്ചതാണ് ഭക്തിയോഗി ഇതിമേ നിശ്ചിത മത്യം ഇതെവിടെ പറയുക ശിശുപാലന് ഭഗവാൻ വധിച്ചു ശിശുപാലൻ ശിശുപാലൻ ബന്ധവോക്തൻ ശിശുപാലൻ ചേട്ടനും ബന്ധപക്ത അനിയനുമാണ് ശിശുപാലനെ വധിച്ചപ്പോൾ ശിശുപാലനിൽ നിന്ന് ഒരു തേജോഗോളം ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തിൽ വന്ന് ലയിച്ചു ഇത് ധർമ്മപുത്രരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാരദന അടുക്കള ഉണ്ട് അപ്പം ധർമ്മപുത്ര ചോദിച്ചു മഹർഷി ഇതെന്താ ഇയാൾ ഇയാൾ കൃഷ്ണൻ്റെ വിരോധിയല്ലേ എന്നിട്ട് ഇയാളെ വധിച്ചപ്പോൾ ഇയാളിൽ നിന്നൊരു ധൈര്യകോളം എന്നുകൊണ്ടാണ് കൃഷ്ണൻ്റെ ശരീരത്തിൽ വന്ന് ലയിക്കാനിടയായത് എടോ അയാളിപ്പോൾ കൃഷ്ണൻ്റെ വിരോധി ആയിരിക്കാം അയാൾ കൃഷ്ണൻ ഭഗവാനാണെന്ന് അയാൾക്കറിയാം ഈശ്വരനാണെന്നറിയാം ഈശ്വരൻ വിരോധി അതെങ്ങനെ അറിയാം അത് പണ്ട് ഒരു ഗ്രഹം ഹിരണ്യാക്ഷൻ ഹിരൺപൂ രാവണൻ കുംഭകർണൻ ശിശുപാലൻ രഞ്ചോക്തൻ ഇവർ വിഷ്ണുവിൻ്റായിരുന്നു അവരെ മഹർഷി ശബിച്ചാണ് അവർ ഭൂമിയിലേക്ക് വന്നത് മൂന്ന് ജന്മം കൊണ്ട് അവർക്ക് വിദ്വേഷഭക്തിയിലൂടെ മോക്ഷം വിദ്വേഷഭക്തി വിദ്വേഷഭക്തി എന്നറിഞ്ഞാലോ വിദ്വേഷുണ്ട് പക്ഷെ ആരോടാണ് ഭഗവാൻ ഭഗവാനോട് അത് ഉറപ്പ് വന്നാലും ഇത് നമുക്കൊക്കെ സാധിക്കും അത് ശരി നമുക്കിങ്ങനെ ഇപ്പം ശാപവും മറ്റുള്ള വേണ്ടല്ലോ നമുക്കും ശത്രുക്കളുണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ട് ശത്രുക്കൾ ശത്രുവിനെ ഓർമ്മിക്കുമ്പോൾ ഈശ്വരനാണെന്നുള്ള പരമസത്യം കൂടെ ഓർമ്മിക്കുക ആ ശത്രു ആരാ ബ്രഹ്മം ബ്രഹ്മത്തിനല്ലാതെ ഇവിടെ ശത്രുവായി വരാൻ വേറെ ആരയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ലൗകിക ചിന്തകൾ വരുന്നു അതിന് അതിൽ ഭഗവാനെ കൂടെ കൂട്ടിച്ചേർക്കുക അപ്പോൾ ശിശുപാലനും എപ്പോഴാണോ കൃഷ്ണൻ്റെ ഓർമ്മ വന്നത് അപ്പോഴൊക്കെ കൃഷ്ണൻ ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഞാൻ മരിക്കും ഉടൻ ഈശ്വരൻ എന്ന ചിന്തയും വരും ഇങ്ങനെ വന്നു വന്ന് ശത്രുഭോ ആ ഈശ്വരങ്കൽ മനസ്സ് ഏകാഗ്രഹപ്പെട്ടു ഏകാഗ്രപ്പെട്ടതിൻ്റെ ഫലവും കൂടുതൽ കൃഷ്ണൻ്റെ അമ്പ് കൊണ്ട് മരിച്ചപ്പോൾ ഈശ്വരങ്കൽ ഏകാഗ്രപ്പെട്ട തേജവുമേമായ ശിശുപാലൻ്റെ സൂക്ഷ്മ ശരീരം ഭഗവാനുകൾ വന്ന് ലയിച്ചു ഇതിൽ അത്ഭുതമില്ല നാരദൻ എന്നിട്ട് പറയുകയാണ് ഭഗവാങ്കൽ ഏനകേന പ്രകാരേണ മനകൃഷ്ണനെ നിവേശയേത് എന്തുപായം കൊണ്ടായാലും വേണ്ടില്ല മനസ്സിനെ കൃഷ്ണങ്കൽ കൃഷ്ണങ്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരന്തരം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഈശ്വരങ്ങൾ ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മം രാമനാണെങ്കിൽ രാമൻ ആ ഈശ്വരങ്ങൾ മനസ്സിനെ നിവേശിപ്പിക്കൂ എന്തുപായം കൊണ്ടും അതിനയോ ദൃഷ്ടാന്തമുണ്ട് ഗോപ്യ കാമാ ഭയാത് കംസഹ ഗോപ്യാമാ ഭയാത് കംസഹ ദ്വേഷാചൈദ്യ സമ്പ്രയഹ സ്നേഹാ യൂയം ഭക്തയം പ്രഭോ നാരദൻ ധർമ്മം ഗോപ്യ കാമാ ഗോപിമാർ മനസ്സിന് ഭഗവാങ്കിൽ നിവേശിപ്പിച്ചു എന്താ തന്നെ കമിതാവ് എന്ന ചിന്തയിൽ ഗോപികമാരുടെ കഥഭാഗവത്ത് വായിച്ചു നോക്കണം എണീക്കുന്നത് കൃഷ്ണ ഗാഥകൾ ഗാനം ചെയ്തുകൊണ്ടാണ് പാല് കറക്കുന്നത് കൃഷ്ണനെ എന്താ പക്ഷെ കൃഷ്ണൻ ഈശ്വരനാണ് ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപം ഒന്നും ഗോപിമാർക്ക് പിടിയില്ല അപ്പം നമ്മുടെ കവിതാവുമാണ് ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നു പല അദ്ഭുതങ്ങളും കാണിച്ചു ഈശ്വരനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കൃഷ്ണനെ കാമം കാമത്തിലൂടെയാണ് ഗോപികമാർ ഭജിച്ചത് എപ്പോഴെപ്പോഴൊക്കെ കൃഷ്ണനുകൊണ്ട് കാമം തോന്നുന്നുവോ ഈശ്വരൻ ഈശ്വരൻ ഈശ്വരൻ അങ്ങനെ ഭജിച്ച് അവർ പാൽ കറക്കുന്നത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പാൽ പിന്നെ വിൽക്കാൻ പോകുന്നത് ഭഗവാന്റെ ഗാനങ്ങൾ കൃഷ്ണഗാനങ്ങൾ ഗാനം ചെയ്തുകൊണ്ട് വിൽപ്പന കഴിഞ്ഞ് കൃഷ്ണഗാനങ്ങൾ ഗാനം ചെയ്തുകൊണ്ടാണ് തിരിച്ച് വീട്ടുവരുന്നത് കിടന്നുറങ്ങുന്നത് കൃഷ്ണൻ്റെ പാട്ടുകൾ പാടി ഒരു നിമിഷം പോലും കൃഷ്ണചിന്ത അവരെ വിട്ടുപോയില്ല പാലൊക്കെ കൊണ്ടുപോകും വെക്കുമ്പോൾ എൻ്റെ പണം വാങ്ങിക്കുമ്പോൾ കർമ്മഫലം കിട്ടുന്നു പക്ഷെ അതൊക്കെ ഭഗവാന്റെ കാരുണ്യം ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യം ഇതവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഗോപികന്മാർ ഒടുവിൽ ബ്രഹ്മപ്രാപ്തി കൈവരിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് എന്താ അവരുടെ മനസ്സ് കൃഷ്ണമയഭയിൽ കൃഷ്ണനല്ലാതെ അവർക്ക് പാലുമില്ല ഒന്നുമില്ല ഒക്കെ കൃഷ്ണൻ ഒടുവിലവർ ബ്രഹ്മനിഷ്ഠരായിത്തീർന്നു എന്നാണ് വ്യക്തമായും ഭാഗവതം പറയുന്നത് നമുക്കിത് സാധിക്കുമോ എന്തുകൊണ്ട് സാധിക്കില്ല നമ്മൾ അനാശ്രിത കർമ്മഫലം നമ്മൾ കർമ്മഫലമാണല്ലോ ഇന്ന് കാലത്ത് എണീറ്റാൽ അടുക്കളയിലായാലും വെളിയിലായാലും നമ്മൾ കർമ്മഫലം അപ്പോഴൊക്കെ ആ ഇതൊക്കെ എന്താ കൃഷ്ണൻ അല്ലെങ്കിൽ ബ്രഹ്മം ബ്രഹ്മ ശാസ്ത്രീയ സത്യം ഓർമ്മിക്കുക എന്താ പ്രയാസം ആ ഓർമ്മ വിട്ടുപോകരുത് നിരന്തരം ഓർമ്മിക്കണം അങ്ങനെ ആയാൽ ആ ചിന്ത തുടർന്ന് നിൽക്കും മരിക്കാറാവുമ്പോൾ മറ്റ് ചിന്തകളൊക്കെ പോവും ആ ഭഗവത് ചിന്ത തന്നെ ബാക്കി നിൽക്കുന്നു എന്തിനാ ഗോപ്യ കാമായാംസഹ കംസൻ ഭയം എന്നു വച്ചാൽ ഓരോ വികാരങ്ങൾ വന്നു ചേരുന്നത് ഭഗവാനെ കൂടെ കൂട്ടിച്ചേർക്കുക നമുക്കും പലതിനോടും ഭയമുണ്ടല്ലോ ആ ഭയപ്പെടുന്ന വസ്തുവിനെ ഓർമ്മിക്കുമ്പോൾ ഭഗവാന് ഓർമ്മിക്കുക അതൊക്കെ അങ്ങ് മാറും ഒടുവിൽ ഭഗവാൻ ബാക്കി നിൽക്കും ഗോപ്യക്കാമാ ഭയാത് കംസഹ കംസനെക്കുറിച്ചൊക്കെ ഭാഗവതം പറയുന്നത് കേട്ടാൽ കൃഷ്ണൻ ഈശ്വരനാണെന്ന് കംസനറിയാം എന്താ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇവളുടെ സുധൻ അഷ്ടമൻ ഭവാന ചടുതി വധിക്കും അറിഞ്ഞുകൊള്ളുക കംസ എന്ന അശരിയിൽ അന്നുമൊതൽ എന്നെ വധിക്കാൻ ഈശ്വരൻ കൃഷ്ണനായി വരും ഇങ്ങനെ ചിന്തിച്ചു ഒടുവിൽ ഭാഗവതം പറയുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും കംസന് കൃഷ്ണ ചിന്ത ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാന പര്യടൻ മഹീൻ ചിന്തയാനോ ഋഷികേശം അപശ്യ തന്മയൻ ജഗത് ആസീന സംവിശൻ തിഷ്ടൻ ഇരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും പുഞ്ചാന ഭക്ഷണം കഴിക്കുമ്പോഴും കണ്ടോ ഭയം കൃഷ്ണൻ എന്നെ കൊല്ലാൻ വരുന്നുണ്ടോ ആ സിയൻ തിഷ്ടൻ പുഞ്ചാന പര്യടൻ മഹിയും മഹി ഭൂമിയിൽ രാജാവല്ലേ ഭൂമിയിൽ ഞാൻ ക്ഷേമം അന്വേഷിച്ചു നടക്കുന്നുണ്ട് പര്യടൻ മഹിയും ചിന്തയാനോ ഋഷികേശൻ ഋഷികേശനെ തന്നെ ചിന്തിച്ച് അപശ്യത് തന്മയം ജഗത് അയാൾ ജഗത്തിനെ കൃഷ്ണമയമായി കണ്ടു നോ അതേ ഉള്ളിൽ ഉള്ളിലേതെങ്കിലും ഒരു വസ്തു പൂർണ്ണമായി സ്ഥലം പിടിച്ചാൽ ഒരു നിമിഷം വിട്ടുമാറുന്നില്ല പുറത്തൊക്കെ അത് പുറത്തൊക്കെ അതിനെ കാണാൻ കഴിയും അതുപോലെയാണ് ബ്രഹ്മം ഇതൊക്കെ ബ്രഹ്മമാണ് ബോധമാണ് ബോധമാണ് ചിലർക്ക് സംശയമുണ്ടായി കാരണം ഈ മേശബോധമാണ് എന്ന് ചിന്തിച്ചുറപ്പിച്ചാൽ മേശയെ ബോധമായിട്ട് അനുഭവിക്കാൻ പറ്റുമോ ചിന്തിച്ചുറപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ചിന്തിച്ചുറപ്പിച്ചവരൊക്കെ പറയുന്നു അനുഭവിക്കാൻ പറ്റും ഈ മേശയെ ബോധമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ചിന്തിച്ചുറപ്പിക്കണം ബ്രഹ്മചിന്തയല്ലാതെ മറ്റൊന്നും ഉള്ളിലില്ല എന്ന് ഉറപ്പുവരണം ഉറപ്പ് വന്നാൽ ഈ മേശ എന്നല്ല കാണുന്നതൊക്കെ ബ്രഹ്മമയം ബ്രഹ്മത്തെയല്ലാതെ മറ്റൊന്നിനെയും കാണാനില്ല എത്ര എത്ര ആളുകൾ ഇപ്പോൾ സദാശിവ ബ്രഹ്മേന്ദ്രനെ പോലെയുള്ളവരേ സർവം ബ്രഹ്മമയം എന്താ അദ്ദേഹത്തെ പോലുള്ളവർ ബ്രഹ്മത്തെയല്ലാതെ മറ്റൊന്നും കാണുന്നില്ല നമുക്ക് പറഞ്ഞാൽ വിശ്വാസം വരില്ല ഇതെങ്ങനെ സാർ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞതൊന്ന് അനുഷ്ഠിച്ച് നോക്കാൻ പറ്റുമോ സർവം ബ്രഹ്മമാണ് ശാസ്ത്രം എല്ലാം ബ്രഹ്മം എന്നുള്ളിൽ വിട്ടുപോകാതെ ഓർമ്മിച്ച് ഓരോ നിമിഷവും ജീവിക്കാൻ പറ്റുമോ പറ്റിയാൽ ബ്രഹ്മമയമായിട്ട് അനുഭവിക്കാൻ പറ്റും കംസനിത കൃഷ്ണന സംവിശൻ തിഷ്ഠൻ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ നിൽക്കുമ്പോൾ പുഞ്ചാന പര്യടൻമഹിയും ഭക്ഷണം കഴിക്കുമ്പോൾ ഭൂമിയിൽ ചുറ്റിത്തിരിയുമ്പോൾ ചിന്തയാനോ ഋഷികേശം ഋഷികേശനെ ചിന്തിക്കുന്ന കംസന് അപശ്യത് തന്മയം ജഗത് ജഗത്ത് തന്മയം അപശ്യത് ഉള്ളിൽ കൃഷ്ണന്റെ ചിന്ത ഉറച്ചപ്പോൾ ജഗത്ത് മുഴുവൻ കൃഷ്ണമയം അപ്പോ പിന്നെ ആ കൃഷ്ണ ആ കംസൻ മരിക്കുമ്പോൾ കൃഷ്ണനെ പ്രാപിക്കാതെ പിന്നെ വേറെ ആരെ പ്രാപിക്കാൻ പറ്റും അങ്ങനെ ഭയാത് ഭയാത് കംസ ദ്വേഷാത് ചൈത്യാദയ ചേരിവൻ ശിശുപാലൻ ദ്വേഷമാണ് വൈര വൈരാനുബന്ധം ജനിച്ചപ്പോൾ മുതൽ കൃഷ്ണനും ശിശുപാലനും ശത്രുക്കൾ കൃഷ്ണനെ ചിന്തിച്ച് ചിന്തിച്ച് തൻ്റെ ശത്രുവാണ് എന്ന നിലയിൽ ചിന്തിച്ച് ചിന്തിച്ച് ശിശുപാലൻ്റെ മനസ്സ് കൃഷ്ണമാകെ വഹിച്ചിരുന്നു ഒടുവിൽ കൃഷ്ണൻ്റെ അമ്പയട്ട് മരിച്ചപ്പോൾ അയാളുടെ ധൈര്യവുമേമായ സൂക്ഷ്മ ശരീരം കൃഷ്ണനിൽ വന്ന് ലയിച്ചു യാതൊരു ആവശ്യവുമില്ല ഇത് പരമമായ സത്യാനുഭവമല്ല പക്ഷേ അതിലേക്കുള്ള ഗംഭീരമായ ഒരു പടിയാണ് പരോമാസത്യ അനുഭവത്തിൽ ഇങ്ങനെ സൂക്ഷ്മശരീരം വരികയോ ലയിക്കുകയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഗോപ്യക്കാമാത് ഭയാകംസ ദ്വേഷ ചൈത്യാതയോ നിർബാഹ സംബന്ധാകൃഷ്ണയ വൃഷ്ണികൾ കൃഷ്ണൻ്റെ വംശത്തിലുള്ളവർ അച്ഛനമ്മമാരുൾപ്പെടെ നമ്മുടെ ബന്ധുവും ബന്ധു പക്ഷെ ബന്ധു ഈശ്വരൻ ബന്ധു ഈശ്വരൻ സംശയമില്ല കാരണം ജനിച്ചപ്പോൾ മുതൽ ഒരു ഈശ്വരൻ്റെ മഹത്വം കൃഷ്ണൻ പ്രദർശിപ്പിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കുമൊക്കെ കൃഷ്ണൻ ഈശ്വരൻ സംബന്ധാൻ കൃഷ്ണയ സ്നേഹാദ്യൂയം നാരദൻ ധർമ്മപുത്രരോട് പറയുകയാണ് സ്നേഹം കൊണ്ട് നിങ്ങൾ ഭക്തിയാവയം ഭക്തി കൊണ്ട് ഞങ്ങൾ നാരദനും മറ്റുള്ളവരും ധർമ്മപുത്രേ ഞങ്ങൾ ഭക്തിയിലൂടെയാണ് ഭഗവാനെ ഓർമ്മിക്കുന്നത് പക്ഷേ നിങ്ങളൊക്കെ ചില ലൗകിക ചിന്തകളിൽ കൂടി ഭഗവാനിൽ ഏകാഗ്രപ്പെടാൻ ശ്രമിക്കുന്ന അത്രയും ഏകാഗ്രത ഭക്തി കൊണ്ട് വരുന്നില്ല ഞാനോ നിങ്ങളോ അല്ല പറയുന്നത് ഭക്തിയുടെ പരമാചാര്യൻ പിന്നെ നമുക്കൊക്കെ അറിയാമല്ലോ ഇപ്പം കൃഷ്ണനെയൊക്കെ ധ്യാനിക്കാൻ പലരും ശ്രമിക്കാറില്ലേ എത്ര ധ്യാനിക്കാൻ കഴിയുന്നു കർമ്മഫലം കയറി വരും പിന്നെ ഇവിടെ ധ്യാനം ശരിപ്പെടുന്നത് ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും അല്ലാതെ ഒരു ദിവസം അരമണിക്കൂർ ധ്യാനിക്കാൻ വിരോധമില്ല പക്ഷെ അതുകൊണ്ടൊന്നും കൃഷ്ണൻ പറയുന്നില്ല ജീവിക്കുമ്പോൾ അടുക്കളയിലാണെങ്കിൽ ഓരോ വസ്തുവും കൃഷ്ണൻ ബ്രഹ്മം കൃഷ്ണൻ എന്നോർമ്മിക്കണം അങ്ങനെ ജീവിതത്തിലെ അധിക സമയവും കൃഷ്ണനെ മനസ്സിൽ ഓർമ്മിക്കാൻ കഴിഞ്ഞ കൃഷ്ണനെ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അരമണിക്കൂർ ധ്യാനിക്കാനിരിക്കുമ്പോഴും ആ ഈശ്വരൻ സ്ഥിരമായി മനസ്സിൽ നിൽക്കും അല്ലെങ്കിൽ ആ ഈശ്വരൻ സ്ഥിരമായി നിൽക്കില്ല ഇതാണ് ഭക്തിയുടെ രഹസ്യം അതാണ് ഈ ധ്യാനി ധ്യാനയോഗം എന്ന ആറാം അധ്യായത്തിൽ ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ കർമ്മഫലത്തെ ആശ്രയിക്കാതെ അവനെ വൻ്റെ കർമ്മം ചെയ്താൽ മനസ്സ് പിന്നെ എന്തിനെ ആശ്രയിക്കും ഈശ്വരന് ഏത് രൂപത്തിലായാലും വേണ്ടില്ല ഉടനെ പൂർണ്ണമായ മോക്ഷമോ ജീവൻ മുക്തിയോ കിട്ടിയില്ലെങ്കിൽ പോലും അതിനി പറയുന്നുണ്ട് ഈ തന്നെ ആ വലിയൊരു ഘട്ടത്തിൽ മനസ്സേകാഗ്രപ്പെടും ആ ഏകാഗ്രതയോടുകൂടി ഈ ശരീരം ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ അടുത്ത ജീവിതത്തിൽ വന്നു ചേരും അതുകൊണ്ട് മനസ്സിനെ ഈശ്വരങ്കിൽ ഏകാഗ്രപ്പെടുത്താനുള്ള എളുപ്പവഴിയെന്തോന്ന കർമ്മഫല ചിന്ത വരുമ്പോഴൊക്കെ ആ ചിന്തയോടുകൂടി ഭഗവാനെ കൂടെ കൂട്ടിച്ചേർക്കുക നമുക്ക് വളരെ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നു ശാസ്ത്രീയമായി സത്യം ഗ്രഹിക്കുകയൊക്കെ ബ്രഹ്മം ഇത് ഗ്രഹിച്ചാൽ എന്ത് കണ്ടാലും എന്തുമായി ബന്ധപ്പെട്ടാലും ആ ബ്രഹ്മം ബ്രഹ്മത്തെ ഓർമ്മിക്കുക എന്താ പ്രയാസം അത് കർമ്മഫല ചിന്തയൊക്കെ ഇടയ്ക്ക് കയറി വരും അപ്പോൾ വീണ്ടും ഓർമ്മിക്കുക അങ്ങനെ കുറച്ച് നാൾ അഭ്യസിക്കുമ്പോൾ പിന്നെ ഒന്നും കയറി വരില്ല പിന്നെ എന്ത് കണ്ടാലും ബ്രഹ്മം തന്നെ ഒരു സംശയവുമില്ല അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരവത്തിയ സസന്യാസി ച ഇത്രയും ചെയ്താൽ നമുക്ക് തന്നെ സന്യാസിയും യോഗിയും ഒക്കെയോ അർജുന എം സന്യാസമിതി പ്രാഹുവോ യോഗം തം വിധി പാണ്ഡവ മഷ്യസന്യാസ്തസങ്കൽപ്പവും യോഗി ഭഗവതി കസ്തന സന്യാസവും യോഗവും ഒക്കെ അർജുന ഒന്ന് യോഗം മനസ്സിൻ്റെ സമനല മനസ്സിൻ്റെ സമനില വന്നയാളാണ് സന്യാസി അപ്പോൾ യോഗത്തിനും മനസ്സിൻ്റെ സമനില വരാത്തയാൾ ഭൗതിക സങ്കല്പങ്ങളെ ബ്രഹ്മസ്വരൂപമാക്കി സന്യസിക്കാത്ത ഒരാൾ ഒരിക്കലും യോഗിയായിത്തീരില്ല സന്യാസിയായിത്തീരുകയുമില്ല മറ്റെല്ലാമാകാം പക്ഷേ ഈ യോഗം സമനില എന്താ സർവം ബ്രഹ്മമായ ഒരു പ്രയാസവും ഇല്ല ശ്രമിച്ചു നോക്കുക എന്ത് കണ്ടാലും ബ്രഹ്മം ഇത്രയും കഴിഞ്ഞിട്ട് ഭഗവാൻ പിന്നെ ഒരു മൂന്ന് ശ്ലോകം പറയുന്നു ഗംഭീര ശ്ലോകങ്ങളാണ് അത് ഈ ധ്യാനത്തിനും മറ്റും ആവശ്യമുള്ള ആ പതഞ്ജലിയും മറ്റും പറയുന്ന മനസ്സിൻ്റെ ശുദ്ധി ഉദ്ദേശിച്ചു പറയുന്നതാണ് അർജുന വേറെ ആരും നിന്നെ സഹായിക്കാൻ ഒരു കൃഷ്ണനും നിന്നെ സഹായിക്കാനൊക്കൂല്ല പ്രസിദ്ധമായ ശ്ലോകങ്ങളാണ് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവത്മനോ ബന്ധു ആത്മൈപരി പുരാത്മന നീ നിന്നെ ഉദ്ധരിക്കേ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മന പറഞ്ഞ മനസ്സ് നിന്റെ മനസ്സിനെ മനസ്സുകൊണ്ട് ഉദ്ധരിക്കൂ വേണ്ടാത്ത വഴിക്ക് പോകുന്ന മനസ്സിനെ ഭഗവത്യാനത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സുകൊണ്ട് ഉദ്ധരിക്കൂ മനസ്സേ മനസ്സിൻ്റെ ഒരു ഭാഗമുണ്ട് മറ്റേ ഭാഗത്തോട് പറ വേണ്ട നീ വേണ്ടാത്തത് ചിന്തിക്കേണ്ട നീ ഭഗവാനെ ചിന്തിക്കൂ ഉദ്ധരേ ആത്മാനാത്മാനം ആത്മാനം അവസാദയേ അർജുന ആത്മാവിനെ ഒരിക്കലും താഴ്ത്തരുത് അധപ്പതിപ്പിക്കരുത് എന്താ അധപ്പതിനാൽ ഭേദചിന്തയും രാഗദ്വേഷവും എവിടെ കൂർന്നുവോ ആ മനസ്സ് ഏത് ചക്രവർത്തിയുടെ മനസ്സായാലും അധപ്പതിക്കും അധ പതിക്കും ഒടുവിൽ കൂരിരുട്ടിൽ ചെയ്തു ഭേദചിന്തയും വളരെ ഇവിടെ ഭേദമില്ല ഒരു വസ്തുവേ ഉള്ളൂ പിന്നെ നിങ്ങളെന്തിനായി ഈ ഭേദചിന്ത വെച്ച് പുലർത്തുന്നത് ഒരു ഭേദവുമില്ല എന്നാണ് ഭാഗവതമൊക്കെ ആവർത്തിച്ച് പറയുന്നത് അപ്പോ ആത്മാനം അവസാദയ അവസാദിപ്പിക്കുക താഴ്ത്തുക അധപ്പൽപ്പിക്കുക മനസ്സിനെ ഒരിക്കലും അധപ്പൽപ്പിക്കരുത് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയ എന്താ കാര്യം ആത്മി ആത്മനോ ബന്ധുരാത്മയൊരു പുരാത്മനാ നിൻ്റെ മനസ്സാണ് നിൻ്റെ ബന്ധുവും നിൻ്റെ മനസ്സാണ് നിൻ്റെ ശത്രു അല്ലാതെ ഇവിടെ ഒരു ശത്രുവുമില്ല ഒരു ബന്ധുവുമല്ല അതുകൊണ്ട് ആ മനസ്സിനെ ഒരിക്കലും അധപ്പതിപ്പിക്കരുത് ഭേദചിന്തയിലും ഭേദചിന്ത വരുമ്പോൾ ഈ സത്യം ഓർമ്മിക്കണം ബ്രഹ്മം വേണ്ട വേണ്ട ആ മനസ്സിലൂടെ സത്യത്തെ ഓർമ്മിക്കുന്ന മനസ്സുകൊണ്ട് ഭേദചിന്തയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന മനസ്സിനെ തടയണം നിൽക്കവിടെ വേണം ഇവിടെ ഒരുശ്വരൻ മാത്രമേ ഉള്ളൂ ബന്ധുരാത്മാ ആത്മനസ്താത്മയുവാത്മനാജിത അനാത്മനത്വ ശത്രുത്വേവർ ആത്മയുവ ശത്രുവ അർജുന ഭഗവത് ചിന്ത കൊണ്ട് നീ നിൻ്റെ മനസ്സിനെ ദൃഢപ്പെടുത്തുമെങ്കിൽ ആ മനസ്സ് എപ്പോഴും നിൻ്റെ ബന്ധുവായി പ്രവർത്തിക്കുന്നു നിലമറിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് നീ മനസ്സിനെ പതിപ്പിക്കുകയാണെങ്കിൽ അങ്ങേറ്റത്തെ ശത്രുവിനെ പോലെ ആ മനസ്സ് പെരുമാറും നിനക്കൊരുപക്ഷേ ശത്രുവാണെന്ന് അപ്പോൾ തോന്നുകയില്ല മനസ്സ് നല്ലതാണ് പറയുന്നതെന്ന് തോന്നും നീ ആ വഴിക്ക് പോവും നീ കൂര്യരുട്ടിൽ ചെന്ന് അകപ്പെടുകയും ചെയ്തു ജീവർ അർജുന ജിതാത്മന പ്രശാന്തസ് പരമാത്മാസമാഹിത നിയാം മനസ്സിനെയാണ് ഈ സത്യമൊന്നു പഠിപ്പിക്കട്ടോ ഇതൊക്കെ ബ്രഹ്മം ആ ആ സത്യം ഏത് മനസ്സിനുറപ്പ് വരുന്നോ ആ മനസ്സ് ജയിക്കപ്പെട്ടു എന്താ പറ്റുമോ എന്താ പറ്റാത്തത് എത്ര നിസ്സാരം ഒക്കെ ബ്രഹ്മം ഈശ്വരൻ എന്നുറപ്പിക്കൂ ജിതാത്മന പ്രശാന്തസ് ആത്മാത്മാവ് മനസ്സ് ജയിക്കപ്പെട്ടു നല്ല ശാന്തി ശാന്തത ജിതാത്മന പ്രശാന്തസ് പരമാത്മാ സമാഹിത പരമാത്മാവ് ചുറ്റും കളിയാടി നിൽക്കുന്നു എല്ലാം ബ്രഹ്മഭരം ലേ രേ സർവം ബ്രഹ്മമയം പരമാത്മാവ് കളിയാടി നിൽക്കുന്നു എന്താ പേടിക്കാൻ ജിതാത്മന പ്രശാന്തസ് പരമാത്മാസമാഹിത എപ്പോഴാ ഭഗവാനെ ശീതോഷ്ണസുഖദുഃഖേഷു ശീതത്തിലും ഉഷ്ണത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പരമാത്മാ നൃത്തം ചെയ്തു നിൽക്കുന്നു ഹിതാത്മന പ്രശാന്ത പരമാത്മാസമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാന അപമാനയോ ഒരാൾ ബഹുമാനിച്ചു വേറൊരാളപമാനിച്ചു സാരമില്ല വക്കോ ഭഗവാൻ രേലേ സർവം ബ്രഹ്മമായാശ്ചയമായിട്ടുള്ളത് സാധിക്കും ആ മനസ്സ് നിന്നെ അത്ഭുതകരമായി ഒരു സുഹൃത്തിനെപ്പോലെ രക്ഷിക്കും ഈ ജീവിതത്തിൽ എവിടെയും ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഭഗവാൻ ഒരു ഇത് സാധിച്ച ഒരാളാ ഒരാളെയാണ് യുക്തൻ എന്ന് പറയുന്നത് യുക്തൻ യുക്തനെന്ന് പറഞ്ഞാൽ യോഗം നടപ്പാക്കിയയാൾ ആരാണ് യുക്തൻ എന്നൊക്കെ പിന്നെ വിവരിക്കുന്നു എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊക്കെ കുറച്ച് പറയുന്നു ഒരാസനമൊക്കെ ശീലിച്ചു ഉറപ്പിക്കണം ഈ ആസനത്തിൻ്റെ കാര്യം മാത്രമേ അഷ്ടാംഗ യോഗത്തിൽ നിന്നും ഭഗവാൻ എടുത്ത് ചർച്ച ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം യമ നിയമങ്ങളൊക്കെ ഈ ഉദ്ധരേത് ആത്മനാത്മാനം എന്ന ശ്ലോകങ്ങളിൽ ആ പദങ്ങൾ എടുത്തു പറയാതെ ഭഗവാൻ യമനിവാസനങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിരിക്കുക തുടർന്ന് ഭഗവാൻ പറയുന്നു യുക്തൻ ആരാണ് യുക്തൻ അവിടെയൊക്കെ ഇതുതന്നെ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ ജ്ഞാനവും വിജ്ഞാനവും കൊണ്ട് തൃപ്തി വന്നു ജ്ഞാനം എന്നുവെച്ചാൽ സിദ്ധാന്തപരമായി എന്താ സത്യം എന്ന അറിവ് സത്യം ബോധമാണ് യുക്തി കൊണ്ട് സിദ്ധാന്തപരമായി എന്തുകൊണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് ഇതൊക്കെ ഭാഗം എൻ്റെ സ്വന്തം ഒന്നുമല്ല ഭാഗവതത്തെ വ്യക്തമായിട്ട് ഭഗവാൻ പറയത്താണ് ബോധമില്ലയോ ജഗത്തില്ല ഈ യുക്തി കൊണ്ട് ബോധമാണ് ഈശ്വരൻ ബ്രഹ്മമാണ് ഈശ്വരൻ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് തെളിഞ്ഞു വിജ്ഞാനം ഇനി അത് അനുഭവിക്കുക വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ ജ്ഞാനവും വിജ്ഞാനവും കൊണ്ട് മനസ്സ് പൂർണ്ണ തൃപ്തി പ്രവഹിച്ചു ഇനി എന്തറിയാനുണ്ട് ഒന്നും അറിയാനില്ല ബോധമാണ് ഈശ്വര തത്വം ഞാനത് അനുഭവിക്കുന്നു എങ്ങനെ അറിയാം എല്ലാം ബോധമാണെന്ന് ഉറപ്പ് അതുകൊണ്ട് ഒരു ഭേദചിന്തയും എൻ്റെ മനസ്സിന് വധിക്കുന്നില്ല ആരോട് വസുകയില്ല ഒരു ദ്വേഷമില്ല ഒന്നുമില്ല രാഗദ്വേഷങ്ങളില്ല ചിലരോട് പ്രത്യേകം രാഗം ദ്വേഷം ഇല്ല എന്തുകൊണ്ട് സർവം ബ്രഹ്മമായ എല്ലാം ബ്രഹ്മമായതുകൊണ്ട് ഇല്ല അങ്ങനെ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്തോപ്പം ഞാനാരാ ഞാനും ആ ബ്രഹ്മം ആനന്ദസ്വരൂപമായ ബോധം ഇത് തെളിയും നമ്മളിപ്പോൾ അടുത്ത ദിവസം അടുത്ത പത്താം തിയതിന് നമ്മുടെ ക്ലാസ്സിലുണ്ട് സമാധി ഈ ധ്യാനം അനുഭവത്തിലെത്തുന്നതാണ് സമാധി ആ സമാധിയെക്കുറിച്ചായിരിക്കും അടുത്ത പത്താം തീയതി ചർച്ച ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാവും എന്താ ഈ ഈ സുഖം നല്ല തൃപ്തമായത് ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥവും ഞാൻ ആനന്ദസ്വരൂപമായ ബോധമാണ് എങ്ങനെ അറിയാം എപ്പോഴും ഉള്ളിൽ ആ അന്ത സമാധി ഉള്ളിൽ ആ ബോധം എനിക്കനുഭവപ്പെടുന്നു അങ്ങനെ അറിയാം ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിചിത ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളൊന്നും ഇപ്പോൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല കണ്ണ് പുതിയ നല്ല രൂപം വേണോ എന്നൊന്നും പറയാറില്ല എന്ത് കണ്ടാലും ആ കണ്ണപ്പറയും ബ്രഹ്മമാണ് പിന്നെന്താ നല്ലതോ ചീത്തയോ വീർതമോ സുഹൃത്തമോ എന്തുവാകട്ടെ അപ്പോൾ വിചിതേന്ദ്രിയങ്ങനെയുള്ള ആളിനെ യുക്തൻ യുക്തയുത്യുച്ചതയെ യോഗി അങ്ങനെയുള്ള ആളാണ് യുക്തൻ യുക്തൻ പറഞ്ഞ പൂർണമായും നടപ്പാക്കിയ ആൾ എന്നർച്ചതയ യോഗി സമൃഷ്ടാസ്മ കാഞ്ചന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ലോഷാസ്മ കാഞ്ചന മണ്ണും കട്ടയും ഒക്കെ ബ്രഹ്മം എല്ലാം തുല്യം സ്വർണവും മണ്ണും കട്ടയും സ്വർണവും ഒക്കെ ഒരേ ബ്രഹ്മം സമ ലോഷാസ്മ കാഞ്ചന അങ്ങനെയുള്ള ആളാണ് ഈ യുക്തൻ ഇങ്ങനെ ഇനിയും ഭഗവാൻ അവിടെ ഒക്കെ ഭഗവാൻ പറയുന്ന ഈ ഒരു കാര്യം ഓർമ്മിക്കുക മനസ്സിൻ്റെ സമനില എല്ലാം ഒന്ന് അവസാനം വരെ പതിനെട്ടാം ശ്ലോകം വരെ ഈ ധ്യാനത്വവും യോഗവും യോഗം പൂർണ്ണമായി നടപ്പാക്കിയ യുക്തൻ്റെയും ലക്ഷണങ്ങളാണ് പിന്നെ ആഹാരകാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കണം ധ്യാനം ഉറപ്പുവരണമെങ്കിൽ യുക്താഹാര വിഹാരസ് യുക്തജ്യേഷ്ഠ കർമ്മസു യുക്തനിദ്രാവബോധസ് യോഗോഭവത്തി ദുഃഖ ആഹാരത്തിൽ ഉറക്കത്തിൽ ഉണർവിൽ ഇതൊക്കെ ഒരു ക്രമമനുസരിച്ച് നടത്തിയാൽ ധ്യാനം ഉറയ്ക്കും അല്ലാതെ ഇഷ്ടം പോലെ അങ്ങ് ജീവിതം നയിച്ചാൽ മനസ്സ് നിൽക്കില്ല മനസ്സതിൻ്റെ പാട്ടിന് പോവും അല്ലേ അർജുന യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ടത്തെ യഥാ വിനിയതം ചിത്തം അങ്ങനെ ഭഗവാൻകൾ പൂർണ്ണമായും പിടിച്ചു നിർത്താത്മാവിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടി ഓടി ബഹളം ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഉള്ളയാൾ സർവ്വ സങ്കല്പസന്യാസി അദ്ദേഹം ഭൗതിക സങ്കല്പങ്ങളെയൊക്കെ ഒഴിച്ചു മാറ്റി സന്യാസം യോഗം സ്വാംശീകരിച്ച ആളാണ് എന്ന കാര്യമാണ് ഇനി ഇനി വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും എല്ലായിടത്തും ഒരു കാര്യം ഓർമ്മിക്കുക ബ്രഹ്മനിഷ്ഠ എന്താ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒക്കെ ബ്രഹ്മം ശാസ്ത്ര സത്യം അതാണ് ഈ ജഗത്തിൻ്റെ ശാസ്ത്രീയമായ സത്യം അത് ഉൾക്കൊള്ളാനും നടപ്പാക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റെന്തൊക്കെ ചെയ്താലും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അത് ഓർമ്മിക്കുക ഇത് നടപ്പാക്കാൻ ഒരു പ്രയാസമില്ല ബോധമാണിതെല്ലാം ആ ഓർമ്മ വേണം ബ്രഹ്മം സർവം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം ഇതാണ് ധ്യാനത്തിൻ്റെ രഹസ്യം സമാധിയെക്കുറിച്ച് ചർച്ചയും വിശദമായി സമാധിയെക്കുറിച്ചും വിശദമായി അറിയേണ്ടതുണ്ട് സമാധി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആണെന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ച് ആണ് ആളുകൾ കഴിയുന്നത് ഗീത പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്നാമത് യോഗം ശിക്ഷ ശിച്ഛസ്വമഭുത്വ സമത്വം യോഗ മനസ്സിൻ്റെ ആ സമനല്ല അത് കൈവരിക്കാൻ എന്ത് പ്രയത്നം ചെയ്തും ശ്രമിക്കുക കാരണം ജീവിതത്തിൽ അത് നേടിയാൽ എല്ലാം അതി അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണവേളയിൽ പോലും കിടന്ന് പിടഞ്ഞേ മരിക്കാൻ പറ്റുള്ളൂ ആ യോഗം സ്വാംശീകരിക്കാൻ നമുക്കൊക്കെ ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാകുമാറാകട്ടെ നമസ്കാരം ശരി